ശങ്കരാചാര് ഗുരുപരുന്ന സൂചന സിശതം വർഷണ്യുവാസ തസ്മൈ ഉ സമയത്തെയ ഛാതിജാ പ്രജാപതി പറയുന്നു എന്തിനോട് ശരി നീ പറഞ്ഞതൊക്കെ ശരി തന്നെ നീ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് തന്നെ ഇന്ദനെന്താ പറഞ്ഞത്മാവാൻ വഴിയില്ല കാരണം ശരീരേ സദ്വലം കൃതി സദ്ധലംകൃതീ സു വസന പരിഷ്കൃത പരിഷ്കൃത ഈ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതല്ലാത്മാവിന് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതല്ല ശരീരത്തെ നാശം അന്വേഷണം നശിയത് ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ അത് നശിക്കും നഹമത്ര ഭുഗ്യം പശ്യാമി ഇതിനറിഞ്ഞിട്ട് യാതൊരു ഫലവും കാണുന്നില്ല കാരണം പ്രജാപതി പറഞ്ഞത് അചരോ അമരോ അമൃത്യു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഇപ്പോ അതിന് വിപരീതമായിട്ടാണ് അചരൻ അമരൻ അമൃത്യു ആയിട്ടുള്ള ഒരാത്മാവല്ല വരും ഛായാത്മാ അതുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞപ്പോ പ്രജാപതി ശരി നീ പറഞ്ഞൊക്കെ ശരി തന്നെ അനുമോദിക്കുന്നു ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്താണ് ഛായാത്മാ വല്ല ആത്മാ എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയിരിക്കുന്നു പ്രജാപതി യോയുക്ത ആത്മാ പ്രകൃത ഏതേവത്മാനം വ്യാഖ്യാതം എന്താണ് ആത്മാവെന്ന് നീ അറിഞ്ഞില്ല പക്ഷെ എന്താ ആത്മാവല്ല എന്നുള്ള അറിഞ്ഞു അതുകൊണ്ട് പ്രജാപതി പറയുന്നു യോമയുക്ത ആത്മാപ്രകൃത ഞാൻ ഇവിടെ വിശദീകരിക്കുന്ന അജുരോ അമൃതോ എന്നെല്ലാം പറഞ്ഞ ആത്മാവ് ഏതുമേവത്മാനന്ത ഭൂയപൂർവം വ്യാഖ്യാതമ്യാമി പക്ഷേ ആത്മാവിനെ കുറിച്ച് പറയേണ്ടതല്ല ഞാൻ ആദ്യമേ എന്ന പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത് ഇന്ദ്രൻ ഇത്രയും മനസ്സിലാക്കി ഏതാണ് ആത്മാവല്ല അത് മനസിലാക്കി അല്ലെങ്കിൽ എന്തിനാണോ താൻ ആത്മാവാണെന്ന് ധരിച്ചത് ആത്മാവല്ല ഇങ്ങനെയല്ല മനസ്സിലാക്കി അതുകൊണ്ട് ശരിയായ അറിവുണ്ടായില്ല എങ്കിലും അറിഞ്ഞിടത്തോളം ശരി അംഗീകരിക്കാം നീ അറിഞ്ഞിരിക്കുന്നു പക്ഷെ വാസ്തവത്തിൽ എന്താണ് ആത്മാവ് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭൂയപൂർവം വ്യാഖ്യാതം അപ്പി അനു വ്യാഖ്യാസ്യാമി എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആത്മാവ് എന്താണ് ഈ ആത്മാഅ അപഹത പാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആത്മാവിനെ കുറിച്ച് കൂടുതലൊന്നും വർണ്ണിക്കാനില്ല എന്നാലും ഇന്ധന മനസ്സിലായില്ലോ അതുകൊണ്ട് അതിന് ഞാൻ വീണ്ടും പറയുന്നു എന്നാ ഞാനിവിടെ ഉപദേശത്തിന്റെ രീതിയെ കാണിക്കുന്നു ഒന്ന് കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവനത് മനസിലായില്ലെങ്കിൽ വീണ്ടും പറയുക അതിനെ തന്നെ പറയുക പുതുതായി ഒന്നും പറയുന്നില്ല പല രീതി പറയുന്നു യസ്മാകൃതി വ്യാഖ്യാതും ദോഷരഹിതാനാം അവധാരണ വിഷയം അഭിഗ്രഹി ഒരു തവണ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദോഷരഹിതാനാം അവതാരണ വിഷയം പ്രാപ്തം ദോഷമില്ലാത്തവനാണെങ്കിൽ സിദ്ധ ദോഷങ്ങളില്ലാത്തവനാണെങ്കിൽ ഓദാഹരണ വിഷയം പ്രാപ്തം ഇത് ഓദാഹരണ വിഷയം പ്രാപ്തം ഗ്രഹിക്കാൻ കഴിയും ദോഷമില്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയും അതിന് ഒരു തവണ പറഞ്ഞാൽ മതി അധികം ദോഷീണ പ്രതിബന്ധ ഗ്രഹന സാമർഥ്യം പക്ഷെ എന്തോ എന്താണ് പ്രതിബദ്ധ ഗ്രഹണ സാമർഥ്യം ഗ്രഹണ സാമർഥ്യം ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം എന്തിന്റെ മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ സാമർഥ്യം തത്വത്തെ ബുദ്ധി കൊണ്ടാണ് ഗ്രഹിക്കേണ്ടത് അതിന് എനിക്ക് പ്രതിബദ്ധ എന്തോ ദോഷം എന്തോ പ്രാരബ്ധ ദോഷം വന്നിട്ട് അതിൻ്റെ തടസ്സമായിരിക്കുന്നു അധഹത്ത ക്ഷപണായ വസാപരാണി ദ്വാത്രം ശതം വർഷാണി അതുകൊണ്ട് ഒരു മുപ്പത്തിരണ്ട് വർഷം കൂടി ഇനിയും കഴിയുക ചെറിയ കാലവല്ല ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഉപദേശിച്ചു കഴിഞ്ഞു പറയേണ്ടത് അവസാനം തന്നെ പറഞ്ഞത് അതിൽ കൂടുതൽ ഇനി പറയാനില്ല ഈ ആത്മാഹത അമർത്തരോ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി പറയാനില്ല പക്ഷേ കേൾക്കുന്നവനും ഇത്രയും വർഷം ഗുരുകുലത്തിൽ വസിച്ച് തപസ്സനുഷ്ഠിച്ചിട്ടും അത് വ്യക്തമാകുന്നു ചിലതെല്ലാം വ്യക്തമായി അതിനെ അംഗീകരിക്കുന്നു നീ മനസ്സിലാക്കിയൊക്കെ ശരിയെന്ന് പക്ഷെ എന്തോ ദോഷമുള്ളത് കൊണ്ട് വീണ്ടും നിനക്ക് തപസ്സാവശ്യമുണ്ട് അതുകൊണ്ട് അദ്വൈതം ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ തപസിനെയും ജപത്തിനെയും ഒന്നും നിഷേധിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അപരാണി ധോത്രംസതം വീണ്ടും നീയെല്ലാം ചെയ്യുക ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുക ഈ തൃക്തഥാ ഉഷിത പോരൻ അതനുസരിച്ചു ക്ഷപിത ദോഷായ വീണ്ടും തന്നിടിക്കുന്ന ദോഷങ്ങളെ ഒക്കെ ക്ഷയിപ്പിച്ചു തസ്മേഹോ വാച അങ്ങനെ ദോഷങ്ങളെല്ലാം നശിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇനിയും അവശേഷിക്കുന്നുണ്ട് തൽക്കാലം അത് തീർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ അവനോട് പറഞ്ഞു അടുത്ത് ഹോവാച ഏത് നമ്മളത് അഭയമേ സഹശാന്തൃദയ അപ്യവ ദയം ദർശ തീം ശരീരം അന്തം അനന്ധ സി സ്രമ അസ്രാമ സോഷേണ ദുശ്യത്തിയാത്മാത്മാതിലക്ഷണേ യുഷോ അക്ഷി വ്യക്ത പറയുന്നു ഞാൻ പറയുന്നത് മുമ്പ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് കേൾക്കുന്നവനിലാണ് മാറ്റം വരുന്നത് മുമ്പ് പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പറഞ്ഞതെന്ന് തോന്നുന്നു മുമ്പ് പറഞ്ഞത് തന്നെ പക്ഷെ കേൾക്കുന്നവന് കേട്ടിട്ടില്ല കേട്ടില്ല മനസ്സിലായില്ല എന്ന് ബോധ്യം വന്നപ്പോ ഒന്നുകൂടി വിശദീകരിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു ഭാഷയെ പറയുന്നു ഭാഷകാലം പറയുന്നത് പുരുഷൻ എന്ന് ആദ്യം പറഞ്ഞ അത് തന്നെ അതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല കോസു പക്ഷെ അതിനിപ്പോ പുതിയൊരു രീതി പറയുന്നത് എന്താണ് മഹീയമാന സ്ത്രീയാദിപി പൂജ്യമാന ശരതി അനേകവിധാൻ സ്വപ്ന ഭയുന്നു സ്വപ്നത്തിൽ പൂജ്യനായി അനേക ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് വിഷയഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ സ്വപ്ന സഞ്ചാരി സ്വപ്നത്തിലുണ്ട് ഒരു ജീവൻ ജീവിക്കുന്നുണ്ട് സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട് സ്തുതിക്കുന്നു ഇവിടെ ദുഃഖമാണെങ്കിലും അവിടെ സുഖത്തെ അനുഭവിക്കുന്നു അതുകൊണ്ട് യേശാത്മീയ ഹോ വാച്ച അതാണ് ആത്മാവെന്ന് പറഞ്ഞു അങ്ങനത്തെ ജാഗ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥൂല ശരീരത്തെ കുറിച്ച് പറഞ്ഞു ഇപ്പോ സ്വപ്നത്തെ കുറിച്ച് അതാണ് ആത്മാവ് സ്ഥൂല ശരീരത്തിലാണല്ലോ ദൃഷ്ടി ദൃഷ്ടിയുടെ സാക്ഷിയായിട്ടാണല്ലോ ജാഗ്രത്തിൽ ഈ ആത്മാവിരിക്കുന്നു അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല അതുകൊണ്ട് സമാനം സഹേബും ശാന്തഹൃദയ ആ സ്വപ്നം കാണുന്നവനാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും മനസ്സിന് സമാധാനമായി ഇപ്പോ ആത്മാവിനെ പിടികെട്ടി ശാന്തഹൃദയനായി തിരിച്ചുപോയി സഹാദേവൻ പൂർവൻ ഭയം ദേവന്മാരുടെ സമീപത്തിലെത്തി ഉപദേശം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണ്ടും എന്താണ് അചരൻ അമരൻ വെമ്പ്രത്യു എന്നെല്ലാം പറഞ്ഞ അതിന് വിപരീതമാണ് ഈ സ്വപ്നാത്മാവ് കഥം തതിതം ശരീരം അന്തംഭവതി സ്വപ്നാത്മാനന്തതി ആത്മാവാവും കാരണം താനാണ് ആത്മാവ് താനാത്മാവായിരിക്കെ സ്വപ്നം കാണുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ എന്തുകൊണ്ട് ഈ കണ്ണ് കാണാത്തവനായി ഇവിടെ കഴിഞ്ഞാലും അവിടെ അങ്ങനെ ആകുന്നില്ല അനന്തസ്രാമം ഇതം ശരീരം ഈ ശരീരത്തിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല നിവേഷ സ്വപ്നാത്മാദേഹസ്യ ദോഷീണ ദുഷ്യതി ഈ ശരീരത്തിൽ വരുന്ന ദോഷങ്ങളൊന്നും അതിനെ ഭാവുന്ന ഞാനിതാണെന്ന് ധരിച്ചിരിക്കുന്നവന് തനാ സ്വപ്നം കാണുന്നവനാണെന്ന് എങ്ങനെ ധരിക്കാൻ പറ്റും രണ്ടും രണ്ടാണല്ലോ ഇവിടുത്തെ ശരീരമല്ല അവിടുത്തെ ശരീരം ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞാലും നീ സ്വപ്നം കാണുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഒക്കത്തില്ല കാരണം ഞാൻ സ്വപ്നം കാണുന്നവനല്ല വാസ്തവത്തെ കാണുന്നവനാണെന്നാണ് നമ്മുടെ അനുഭവം ഇവിടെ ഇവിടെ വാസ്തവത്തെ പരമാർത്ഥത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു സ്വപ്നം എന്ന് പറയുന്നത് വാസ്തവം അല്ലെന്ന് ബോധ്യപ്പെടുന്നു ഇപ്പോ അപ്പോ ഞാൻ അതാണെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ വാസ്തവമായ ശരീരം തുടങ്ങി പ്രപഞ്ചത്തെ കാണുന്നു സ്വപ്നത്തിൽ അവാസ്തവുമായാണ് കണ്ടത് ഈ ഞാൻ എന്ന ശരീരത്തിൽ ബോധമുള്ളവന് ഞാനാണ് സ്വപ്നം കാണുന്നവനെന്ന് അങ്ങനെ ഓർപ്പിക്കാൻ കഴിയും രണ്ടാണ് അതുകൊണ്ടാണ് സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോ നമുക്കത് അംഗീകരിക്കാൻ മനസ് വരാത്തത് ജാഗ്രതിനെ സംബന്ധിച്ച് പറയുന്നതെല്ലാം മനസ്സിലാകും ഇവിടെ ശരീരം മനസ്സ് ബുദ്ധി ഇതിനെല്ലാം അപ്പൊരാത്മാവെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷെ വളരെ തുച്ഛമായ നിസ്സാരമായ ശരിക്കും ഓർക്കാൻ പോലും കഴിയാത്ത ഒരു സ്വപ്നം ആ സ്വപ്ന ദൃശ്യമാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളതാണ് ഇന്ദ്രനെ സംഭവിച്ചത് അതുകൊണ്ട് ഇന്ദ്രൻ അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അടുത്ത് ഭഗ്യം പശ്യമീതി ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കും അതുപോലല്ല ഇത് ഈ ശരീരത്തിൽ വരുന്ന വികാരങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല സ്വപ്നാത്മാവധി മാത്രം ഉപന്യസ്തം നാസ്യ ജലയാദിത്യധികനുബാധ ഇതും ഉപന്യസ്തം കാര്യം പറഞ്ഞതാണ് ഇതിന് ജര വന്നു കഴിഞ്ഞാൽ അതിനു ജല ബാധിക്കുന്നില്ല എന്നല്ല ഇവിടെ യുക്തി കൊണ്ട് പറയുകയാണ് താൻ ഇതാണെന്ന് ധരിച്ചിരിക്കുന്നു അവനോട് പറയുന്നു നീ ആ സ്വപ്നം കാണുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ജരയുണ്ട് അവിടെ ജരയില്ല അതുകൊണ്ടുള്ള ഗുണം എന്താ ഈ ശരീരാഭിമാനം അത് മാറ്റാൻ സ്വപ്നത്തെ ദൃഷ്ടാന്തമായി പറയുന്നു ഈ ശരീര അഭിമാനം കൊണ്ട് ദൃഢമായി ധരിച്ചിരിക്കാണ് ഈ ജരാന്തര എല്ലാം ഉള്ള ഈ ഞാനാണ് എന്ന് തന്നെ കുറിച്ച് ധരിച്ചിരിക്കാണ് നീ ആരാണ് ജരാന്തര അതികൾ ബാധിച്ചിരിക്കുന്നു അതാണ് ദൃഢമായ ശരീരബോധം അതിനെ നിഷേധിക്കുന്നു നേരിട്ടല്ല പറയുന്നു നീ സ്വപ്നം കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ ഇതിനെ നിഷേധിക്കുന്നു എന്തുകൊണ്ട് അവിടെ ജലാന്ധിരകളൊന്നുമില്ല അവിടെ ഈ ജലാന്ധിരകളുള്ള ഞാനല്ല അവിടെ മാറ്റം വന്നിരിക്കുന്നു ഇതേ രീതിയിൽ അവിടെ എനിക്ക് സ്ഥിതി ചെയ്യാൻ നീ അതാണെന്ന് ബോധിപ്പിക്കുമ്പോ ഇവിടെയുള്ള ദേഹാഭിമാനം നശിക്കുന്നു അപ്പോ സ്വപ്നത്തെ അങ്ങനെ യുക്തിയിലൂടെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ദേഹാഭിമാനം മമത തുടങ്ങിയ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീ അതാണ് എന്ന് സ്വപ്നത്തെ കുറിച്ച് പറയുന്നോഷേ സമയത്ത് നിഴൽ പോലെയല്ല ദേഹദോഷങ്ങളെല്ലാം നിഴല് വരുന്നു പക്ഷെ സ്വപ്നത്തിൽ അത് വരുന്നില്ല ഇതിന്റെ നിഴലല്ല ഈ അഭിമാനമില്ലാത്ത ഒന്നും പിന്തുണ ഇതിനെ കൊല്ലാനും പറ്റും ഇവ ശബ്ദ ഇവ അർത്ഥി വേനം കേച്ചന ഇത് ഇത് കൊല്ലുന്നത് പോലെ വാസ്തവത്തിൽ കൊല്ലുന്നില്ല സ്വപ്നത്തിൽ തന്നെ ആരും കൊല്ലുന്നില്ല പക്ഷെ കൊല്ലുന്നത് പോലെ അനുഭവപ്പെടുന്നു ഉത്തരേഷ സർവേഷ് യുവശബ്ദ ദർശനം ഇവിടെ കൊല്ലുന്നത് പോലെ എന്നുള്ള അർത്ഥം വാസ്തവത്തിൽ കൊല്ലാത്തോണ്ട് എടുക്കുന്നു ില്ല തിരിച്ചും പറയാം അതിനെ കൊല്ലുന്നുണ്ട് ഇതിനെ കൊല്ലുന്നില്ല ഇത് രണ്ടും രണ്ടായി തന്നെ ഇരിക്കുന്നു പ്രഖ്യാപതി ഇന്ദ്രഹത്വം പ്രമാണീകുറവൻ ആലോചിക്കുകയാണ് പ്രജാപതി പറഞ്ഞ എന്താണത് അമൃതം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതിനും മരണം സംഭവിക്കുന്നു ഇതിനും മരണം സംഭവിക്കുന്നു ഇതൊന്നും ആകാൻ കഴിയില്ല പ്രജാപതി ആദ്യം പറഞ്ഞത് ഓർമ്മ അജരോ അമൃതവും ചിന്തിക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണോ അപ്പൊ സ്വപ്നാത്മാവിന് ആത്മാവെന്ന് ഗ്രഹിക്കാൻ വയ്യ അതും നശിക്കുന്ന അതുകൊണ്ട് വീണ്ടും ചിന്തിച്ചു മടങ്ങി വന്നു നടുത്ത് പറയുന്നത് സസമിത് പാണിഹി പുനരേയായ പ്രജാപതിരുവാചവൻ ശാന്ഹൃദയ സഹോവാചീത ശരീരം അന്തം അനന്ധസഭ ദുശ്യത്തിന് മടങ്ങിയു ഛായാപുരുഷനെ സംബന്ധിച്ച് ശരിയാണ് ഈ ശരീരം എന്ന് വെച്ചാൽ അത് നശിക്കുന്നു പക്ഷേ അത് സ്വപ്നപുരുഷനെ സംബന്ധിച്ച് അങ്ങനെയല്ലേശോ അക്ഷി പുരുഷോ ദൃശ്യതയിന്ന് ഛായാത്മാ പ്രജാപതന ഉക്തീ മനുത യേഷണി പുരുഷോ ദൃശ്യത്തെ പ്രജാപതി പറഞ്ഞത് എന്തായാലും കുറിച്ചല്ല എന്ന് മനസ്സിലായി ഇന്ദ്രന് കഥം അപഹാത്മാണേത്മാ പ്രജാപതി മന്യതേ കഥം കഥാപതി കഥം പ്രജാപതി പ്രമാണഘടത്തിയ പുനശ്രവണായ സമിത്പാണിൽ ഗച്ഛേ ജഗാബ് ഇതുവരെയുള്ള ഉപദേശം കൊണ്ടും മനനം കൊണ്ടും ഇന്ദ്രനൊരു കാര്യം മനസ്സിലായി പ്രതിബിമ്പ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തിരിച്ചു പോകുന്നത് കാരണം പ്രജാപതി പറഞ്ഞത് അമരൻ മരണമില്ലാത്തവനാണ് മരണമില്ലാത്തവനല്ലോഛായ അതുകൊണ്ടാണ് വീണ്ടും അതിനുവേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രജാപതിയുടെ ഉപദേശത്തിൽ പൂർണ്ണമായ ബോധം ഉണ്ടായില്ലെങ്കിലും താൻ എന്താണോ ഇതുവരെ ധരിച്ചിരുന്നത് ഒന്നുമല്ല എന്ന് മനസ്സിലായി അവൻ്റെ വിശേഷമായ ജ്ഞാനം വേണം പൂർണ്ണമായ അനുഭവം വേണം അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ശ്രവണത്തിന് തയ്യാറാകുന്നത് അവിടെയും ആ ശ്രവണത്തിന്റെ വീണ്ടും വീണ്ടും എന്തിനു ശ്രവിക്കണം ഒരാളോടൊത് പറയുന്നു ി പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും അയാൾ ശ്രവണത്തിന് തയ്യാറാകത്തില്ല വീണ്ടും ഒരിക്കൽ കുടിക്കുകയാണ് കേൾക്കാൻ തയ്യാറാകത്തില്ല ഇത്ര വലിയ കാര്യം പറഞ്ഞാലും ശരി നീ അമ്പരനാണോ അമൃതനാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അവൻ അതിന് ഒരുപെടുത്തില്ല പലരും ഇത് കേട്ടുകഴിഞ്ഞാലും അത് വിട്ടുകളയും കാരണം അവിടെ പറയുന്നു മനസ്സിലാകുന്നു പ്രജാപതി എന്താണ് പറയുന്നത് ഇന്ദ്രൻ അങ്ങനെയല്ല കുറെ ഒക്കെ മനസ്സിലായി പ്രജാപതിയും പ്രമാണീകരം പ്രജാപതി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് വീണ്ടും സമിത് പാണിയായി ചെല്ലുന്നു തസ്മെന്ന ഛായാത്മാ ും കരുതുന്നു ആ നഴിനെ കുറിച്ചല്ല ഈ പറയുന്നത് അപ്പുറം എന്തോ വ്യാഖ്യാതം ഞാൻ ആദ്യം പ്രജാപതി പറഞ്ഞെന്താണ്ക്ഷിക്കും ദൃഷ്ടാവായിരിക്കുന്നവൻ വിദ്രായ പുത്രാതി മരണനിമിത്തം ീ എന്നു ആരെങ്കിലും ഇതിനെ ഉപദ്രവിച്ചാലോ അടിച്ചാലോ തല്ലിയാലോ അനിഷ്ടമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാലോ പുത്രാതിമരണനിമിത്തം അപ്രിയവേത്ത ദുഃഖം വരുന്നു ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു അതുപോലെ അവിടെയും സംഭവിക്കുന്നു സ്വപ്നത്തിലും ഇതൊക്കെ സംഭവിക്കാമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെ ആത്മാവായി മരിഞ്ഞിട്ട് അഭിജ്ജ സ്വയം ഒക്കെ രോധ്യതീവാ സ്വപ്നത്തിൽ മറ്റെന്തെങ്കിലും നിമിത്തം കൊണ്ട് കരയുന്നു സ്വയം കരയുന്നു അപ്രിയം വേത്ത കഥ ഇവിടെ പറഞ്ഞത് വേത്ത ാണ് ഏവെന്നാൽ സ്വപ്നത്തിലെ അപ്രിയത്തെ കേൾക്കുന്നു ഇതൊന്നും പരമാർത്ഥം എന്നുള്ള സ്വപ്നത്തിലെ സുഖുതുക്കങ്ങൾ പ്രിയപ്രിയങ്ങളെല്ലാം പരമാർത്ഥം എന്നല്ല ഇവിടെയും എങ്ങനെയാണോ പരമാർത്ഥമെന്ന് തോന്നുന്നെങ്കിലും പരമാർത്ഥമാകാതിരിക്കുന്നത് അതുപോലെ സ്വപ്നത്തിൽ ഇവിടെ പരമാർത്ഥം തോന്നുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥം അത് അനുഭവിക്കുമ്പോൾ പരമാർത്ഥം ഉണർന്നു കഴിഞ്ഞാൽ അത് പരമാർത്ഥമല്ല അല്ല അങ്ങനെ വിശബ്ദം പ്രവഹിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സംസാരമില്ല പക്ഷെ ഉള്ളതായി അനുഭവപ്പെടുന്നു ഉച്ച അമൃത അഭയത്വനാനുഭവത്തെ അല്ല അവിടെ അതൊക്കെ സംഭവിക്കുന്നു വന്നു കഴിഞ്ഞാൽ വുഃഖത്തെ അനുഭവിക്കുന്നു സുഖത്തെ അനുഭവിക്കുന്നു എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് എന്താ അമൃതം അഭയമെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല അധ്യായ തീവേറ്റി ധ്യാനിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ ധ്യാനിക്കുന്നില്ല ചലിക്കുന്നത് പോലെ ചലിക്കുന്നില്ല ഞാൻ പ്രത്യക്ഷ വിരോധം പറയുന്നത് അനുഭവത്തിന് വിരുദ്ധമാണല്ലോ ഞാൻ സ്വപ്നത്തിനും സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു എന്നാ ശരീരാത്മത്വ പ്രത്യക്ഷോഭ്രാന്തി സംഭവമാണ് ഭ്രാന്തിയാണോ ജാഗ്രത്തിൽ എന്താ ഈ ശരീരമാണെന്ന് താൻ കരുതുന്നു പക്ഷെ ശരീരമാണോ അല്ല സ്വപ്നത്തിൽ അതില്ലോ പക്ഷേ ശരീര ആത്മത്വബോധം ഇവിടെയുണ്ട് അത് സ്വ അനുഭവമാണ് അത് ഭ്രാന്തിയാണ് അതുകൊണ്ട് അനുഭവങ്ങളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല ഭ്രാന്തിയും അനുഭവമാണ് അതുകൊണ്ട് അനുഭവ വിരോധം അനുഭവവിരോധം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അനുഭവം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല അനുഭവം അസത്യമാകാം സ്വപ്നത്തിലും സുഖ മരണവും എല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നുവെന്ന് കരുതി അതാണ് ഉണരുമോ പറയുന്ന അനുഭവിച്ചെങ്കിലും അത് ശരിയല്ല അനുഭവിച്ചില്ലെന്നല്ല ശരീരാത്മത്വ പ്രത്യക്ഷത് ഭ്രാന്തി ഭ്രാന്തി ആകാം നീ എന്നാഹമത്ര ഭുഗ്യം പശ്യാമി അതുകൊണ്ട് ഇതിലൊന്നും പ്രയോജനം കാണുന്നില്ല സ്വപ്നത്തിലെ ആത്മാവ് ഞാൻ ആ സ്വപ്നദൃഷ്ടാവാണ് സ്വപ്നം കാണുന്നവനാണെന്ന് പറഞ്ഞാലും പ്രയോജനമൊന്നുമില്ല സ്വപ്നാത്മജ്ഞാനേ വി ഇഷ്ടംഫലപതേ സ്വപ്നാത്മജ്ഞാനം അതുകൊണ്ടും ഇഷ്ടഫലം കിട്ടുന്നില്ല നിത്യഭിപ്രായി വാക്യശേഷ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നെന്താണോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സ്വപ്ന സ്വപ്നാത്മാവിനെ സംബന്ധിച്ചുകൊണ്ട് ആത്മനോ അമൃത അഭയ ഗുണവത്വസ്യോ അഭിപ്രായത്തോ അതെന്താ പറയുന്നത് അമൃതമാണ് അഭയമാണെന്നാണ് സ്വപ്നാത്മാവ് അങ്ങനെയല്ല ദുരിക്തമിന്യുതുമ യഥാവ് നവധാരേരി രണ്ടു തവണ പറഞ്ഞിട്ടും എനിക്കത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തസ്മാത് പൂർവ്വ അധ്യാപി പ്രതിബന്ധ കാരണം അസ്തി മന്വാന പ്രക്ഷുപണായവ സബുരാണി ദ്വത്രി ശതം വർഷാണി ബ്രഹ്മചര്യം ഇത്യാദി ദേശ പ്രജാപതി രണ്ടു തവണ ഇത് ബോധിപ്പിച്ചു ബോധിപ്പിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പ്രജാപതി ഉറപ്പിച്ചെന്താണോ വീണ്ടും പ്രതിബന്ധ കാരണമുണ്ട് ഈ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നതിന് എന്തോ തടസ്സമുണ്ട് തക്ഷപണായാതെ വീണ്ടും നശിക്കണം അതുകൊണ്ട് പറഞ്ഞു വസാവത്താനപ്പരാണ് ഈദ്വാക്രമിച്ചത് ഇനിയൊരു മുപ്പത്തിരണ്ട് വർഷം ബ്രഹ്മചര്യം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മൂന്നവണയായി തഥാ ഉഷിതവധേ ക്ഷമിത എന്തായാലും തനിക്ക് ആത്മബോധം ഉണ്ടാവണം വീണ്ടും സേവാ സേവനം ഗുരുകുലത്തിൽ സേവനം മുപ്പത്തിരണ്ട് വർഷ സേവനം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉപദേശിക്കുന്നു അപ്പൊ സ്വപ്നം ഒന്ന് ഉപദേശിച്ചിട്ടും പ്രേവനം ഉണ്ടായില്ല തമസ്സന്നപ്ന വിജാതി ഏഷ ആത്മീലിവാച എതമൃതോഭമേതബ്രീതി സഹാതഹൃദയ വരാജ സഹ അപ്യേവാൻ എതദ്യം ദർശന ഖലുവയമേം സമ്പ്രത്മാനം ജാതി അയമഹമസ്മീതി നൂതാ വിനാശമേ അപീദോഭവുഹമത്ര ഭഗ്യം പശ്യമീതി പൂത് ഇദം തീവത്തെ അദ്യുക് സുപ്ത ഇത്യാദി വ്യാഖ്യാതം വാക്യം സുപ്ത അക്ഷനോ ദുഷ്ട സ്വപ്നേ ച മഹീയമാനശി സയേഷ സുപ്ത സംപ്രസന്ന സ്വപ്നം ഇവിടെ പറയാണ് എത്രയേത സുപ്ത ആദ്യം പറഞ്ഞു ജാഗ്രത്തിലിരുന്ന് ദുഷ്ടാവായിരിക്കുന്നവൻ പറഞ്ഞു സ്വപ്നം ദർശിയായിരിക്കുന്നുവൻ മൂന്നാമത് പറയുന്നു എത്രയേത് സുപ്തനാണ് ആത്മാവ് സമസ്തം സംപ്രസന്നനായിരിക്കുന്നുവൻ സമ്പ്രസാദൻ എന്നുമ്പോ പറഞ്ഞു സ്വപ്നം എന്ന വിജാനാക്കി അവിടെ സ്വപ്നം കാണുന്നില്ല യേഷാത്മേ ഹോവാചയോ ഭീമേ ബ്രഹ്മ ബാക്കി പഴയതുപോലെ എന്ന് പറഞ്ഞു അവിടെ എന്ത് ചെയ്തു സഹ ശാന്തൃദയ ശാന്തഹൃദയനായി പോയി സഹപ്രപ്യോദേവാന് ഭയം വീണ്ടും പഴയതുപോലെ ദേവന്മാരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഭയമുണ്ടായി നഹംഖന് സമ്പ്രാത്മാനം ജാനാതി ആത്മാനം ജാനാതി ദൈവം ജാനാതി ശരി അവിടെ സമ്പ്രസാദനായിരുന്നോട്ടെ പക്ഷെ ഇപ്പോ അറിയുന്നില്ലല്ലോ ഇപ്പോ അതിനെ അറിയുന്നില്ലല്ലോ അതാണ് ആത്മാവെന്ന് പറഞ്ഞിട്ട് എന്താകുന്നു ജാഗ്രതയിലെ ദഷ്ടാവാണ് ആത്മാവെന്ന് പറഞ്ഞിട്ട് സമാധാനമെന്നുള്ളൂ അങ്ങനെ പറഞ്ഞെങ്കിലും അതിനെ അറിയാൻ കഴിഞ്ഞില്ല എങ്ങനെ തന്നെ ജാഗ്രതയിലെ ദൃഷ്ടാവായി അറിയാൻ കഴിഞ്ഞില്ല തന്റെ ശരീരമായിട്ടേ അറിയാൻ കഴിഞ്ഞുള്ളൂ ഇനി സ്വപ്നം കാണുന്നവനെന്ന് പറഞ്ഞു അവിടെയും തന്നെ സ്വപ്നദൃഷ്ടാവായിട്ട് അറിയാൻ കഴിഞ്ഞില്ല സുഷുപ്തനാണെന്ന് പറഞ്ഞു അവിടെയും തന്നെ സുഷുപ്തനായി അറിയാൻ കഴിഞ്ഞില്ല താലിഫോണിൽ നിന്നിരിക്കാൻ താൻ എങ്ങനെ അസുഷ്തനാകുന്നു ഈ ശരീരത്തിൽ അഭിമാനിച്ച് ഞാൻ ഇതാണെന്ന് കരുതിയിരിക്കുന്ന ഞാനിങ്ങനെ സുഷിതനാകുന്നു താൻ തന്നെ സുഷിതനായാൽ പിന്നെ അവിടെ ഈ ദേഹാഭിമാനം ഇല്ലല്ലോ അത് സുഷൃപ്തി വർത്തമാനത്തിലില്ല ഇപ്പോ ഇല്ല സുഷൃപ്തി മുമ്പുണ്ടായിരുന്ന ഒരു സുഷ്ടിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സുഷുപ്തിയെക്കുറിച്ച് അതറിഞ്ഞിട്ട് എന്താ പറയുക ജാഗ്രത്തിൽ ദൃഷ്ടാവായിരിക്കുന്നവനാണ് ഞാനും നിറഞ്ഞിട്ടൊരു പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ സ്വപ്നദൃഷ്ടാവെന്നോ സുഷുത്തനോ എന്നോ പറഞ്ഞിട്ടും വിശേഷിച്ചൊരു പ്രയോജനം ഉണ്ടാവുന്നു ഉപദേശങ്ങളൊന്നും കൊണ്ട് ഇപ്പോൾ ഈ ഈ ജാഗ്രതയിൽ ഞാൻ ആത്മാവാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല അത് ബോധിക്കാത്തിടത്തോളം കാലം ഇത് സ്വപ്ന ദുഷ്ടാവുന്നോ സുഷുപ്തനെന്നോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് അല്ല ഇവിടെ ഗുരു ശിഷ്യന് ഉപയോഗിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ് എന്നിട്ട് അവനെ കുറിച്ച് കേൾക്കുന്നവനെ കുറിച്ച് പറയുന്ന നീ ജാഗ്രതയുടെ ദുഷ്ടാവാണ് ശരി കേട്ടു കഴിഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം ജാഗ്രതയുടെ നിഷ്ഠാവാണ് പറയുന്ന തരത്തിലുള്ള ശോകം നിവൃത്തിയൊന്നും ഉണ്ടായില്ലോ നീ ഇതേ ആത്മാവിനെ കുറിച്ച് പറയുന്നത് നീ സ്വപ്നദിഷ്ടാവാണ് അതും കേട്ടു അതുകൊണ്ടും വിശേഷിച്ചൊന്നും ഉണ്ടായില്ല പിന്നീട് പറയുന്നു നീ സുഷുപ്തനാണ് ണോ അത് കേട്ടിട്ടും വിശേഷമൊന്നും ഉണ്ടായില്ല എന്തിൽ ആവർത്തിക്കുന്നു അതിന് സമാനം പറയുന്നു കേട്ടതും മനസ്സിലായിരുന്നു മനസ്സിലായി ശ്രദ്ധാർത്ഥം ഞാനും മനസ്സിലായി നീ കാണുന്നവനാണോ എന്ന് പറയുന്നു തൻ സർവത്തെയും കാണുന്നവനായിരിക്കുന്നത് തന്നെയും കാണുന്നവനാണ് താൻ എന്ന് ഉപദേശിക്കുമ്പോൾ മനസ്സിലാകേണ്ട തന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ട പക്ഷെ മനസ്സിലാകുന്നില്ല വീണ്ടും ശരീര അഭിമാനത്തിൽ വന്നിട്ട് ഞാൻ ഇതാണ് അന്ന് ശരീരസംബന്ധിയായിരിക്കുന്നു ഇതൊന്നുമില്ലാത്ത സ്വപ്നത്തിലെ ദുഷ്ടാവാണ് നീ എന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കിയിട്ടും വീണ്ടും ജാഗ്രത്തിൽ ഈ ശരീരത്തിൽ അഭിമാനിച്ച് വീണ്ടും പഴയതുപോലെ ഞാനാകുന്നു നീ സ്വപ്നം ദഷ്ടാവാണ് എന്താ തനിക്ക് സ്വപ്നം ദഷ്ടാവായിരിക്കാൻ പറ്റും ജാഗ്രത ഇല്ല സ്വപ്നത്തിൽ ഇനി പറയുന്നു നീസ്വപ്തനാണെന്താ ജാഗ്രത ഇത് ഉറങ്ങാൻ പറ്റുമില്ല ജാഗ്രത ഉണർന്നിരിക്കാനേ പറ്റൂ ഒരു എന്താ പ്രയോജനം കേട്ടിട്ട് ജാഗ്രത ദുഷ്ഠാവാകുന്നില്ല സ്വപ്നദർശിയാകുന്നില്ല സുഹൃത്തിയിൽ സമ്പ്രസാദനമാകുന്നില്ല ജാഗ്രതയിൽ വീണ്ടും പഴയതുപോലെ സമ്പ്രസാദനാണ് നീ ആത്മാവ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ കൃതകൃത്യനാകത്തില്ല അയാൾക്കത് ബോധിക്കാത്തിടത്തോളം കാരണം അതുകൊണ്ട് സുഷുപ്തനാണ് സമ്പ്രസാദനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പ്രശ്നം തീരത്തില്ല നിവഞ്ജാനാദി തന്നെ അറിയുന്നില്ല അയമഹസ്മീതിമാനി ഭൂതാനി ചെയ്തിയസ്മി ഞാൻ തന്നെ എന്ന് തന്നെ കുറിച്ച് അറിയുന്നുണ്ട് ശരീരത്തെക്കുറിച്ച് അറിയുന്നുണ്ട് െയാണ് പരമാർത്ഥസത്തായിരിക്കുന്നത് എന്നറിയുന്നില്ല ഭൂതാനി സർവത്തെയും താനും ആയിട്ടും അറിയുന്നില്ല താൻ അറിയുന്നില്ല അതുപോലെ മറ്റാരും തന്നെ അറിയുന്നില്ല ഒരു അറിയുന്നില്ലാതി ജാഗ്രതീ സ്വപ്നോ ജാഗ്രതത്തിൽ അറിയുന്നില്ല സ്വപ്നത്തിൽ അറിയുന്നില്ല അവിടെ സുഷൃത്തിയിൽ ജാഗ്രത സ്വപ്നമില്ല ജാഗ്രത സ്വപ്നത്തിലും എങ്ങനെയാണോ ഈ ഗുരുവിന്റെ ഉപദേശം അതാണ് നീ ദാവണോ എന്നറിയുന്നത് സ്വപ്നത്തിലും അറിവുണ്ടല്ലോ സ്വപ്നത്തിലും ഗുരുവരെ ഉപദേശിക്കാണ്ടി പക്ഷെ സുഷുത്തിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ അതിനെങ്ങനെ സമ്പ്രസാദൻ ആ സമ്പ്രസാദന എങ്ങനെ താനായി ഗ്രഹിക്കാൻ പറ്റും അവിടെ അറിവേയില്ലല്ലോ സ്വപ്നത്തിൽ എന്തറിവാണ് സുഷുത്തിൽ ജാഗ്രത്തിലെ അറിവിന്റെ അഭാവം സ്വപ്നത്തിലുണ്ട് ജാഗ്രസ്വപ്നങ്ങളുടെ അറിവിന്റെ അഭാവം സുശക്തിയിലുണ്ട് ശൂന്യമായ സുഷൃപ്തിയാണെങ്കിൽ അതാണ് സുശൃത്തി ആത്മാവെന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ശരിയാവും സുശൃതി ആത്മാവെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം കാര്യങ്ങൾ പോകാൻ സുശൃത്തിയാണ് ആത്മാവ് ആത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി യത്നമൊന്നും ആവശ്യമില്ല കാരണം സുഷൃത്തി അനായാസസിദ്ധമാണ് യത്ന സാധ്യമല്ല തനിയെ വന്നുചേരുന്ന സുഷൃത്തി ആത്മാവാണെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു സാധന ചെയ്യണം കാരണം സാധന ചെയ്യാതെ തന്നെ സുഷൃപ്തി ഉണ്ടല്ലോ സാധന ചെയ്യുന്നത് എന്തോ വലിയ കാര്യത്തെ നേടാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തിയാണെന്ന് ആത്മാവെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ സാധകൻ അതിൽ നിന്ന് പിന്മാറി സാധനയുടെ പിന്നെ ആവശ്യം സുഹൃത്തിക്ക് വേണ്ടി ആയിരിക്കണം പിന്നീട് സാധന പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള സുഷൃത്തി സാധന കൂടാതെ കിട്ടും സാധന ഇല്ലാത്തവനും കിട്ടുന്നു സുഷൃപ്തിയാണ് ആത്മാവെന്ന് ഉപദേശിച്ചാൽ ആശ്ശയത്തിൻ്റെ ബിനാക്ഷമ്യം മാത്രമല്ല അതും നശിച്ചു പോകുന്നു വിനാശം ഇവ എന്ന് പറയുന്നു സർവം നശിച്ചതുപോലെ സുഖത്തിൽ അനുഭവപ്പെടുന്നു സ്ഥാനമില്ലാതായിരിക്കുന്നു എന്താ സുഖത്തിൽ പോയിരുന്ന ആരെങ്കിലും അറിയാറുണ്ടോ ഞാൻ ഞാൻ അങ്ങനെ അറിയാറില്ല സർവവും നശിച്ചതുപോലെയാണത് അപ്പീത്തോ അപ്പികതോ ഭൂതി വിനുഷ്ഠയോ ഭൂതി അവിടെ സർവ്വവും നിശ്ചയി ജാഗ്രതത്തിന്റെ സ്വപ്നമില്ല സർവ്വവും നിശ്ചയിക്കുന്ന അതാണ് ആത്മാവ് അതിനങ്ങനെ സ്വീകരിക്കാൻ പറ്റും സുഷൃത്തിയിൽ ബാക്കി ജ്ഞാനങ്ങളെല്ലാം അവസാനിച്ച് ശേഷിക്കുന്ന ആത്മാവ് അതാണ് ശരിയായ ആത്മാവ് എന്ന് പറഞ്ഞാലോ ഇതാരാ പറയുന്നത് എപ്പോ പറയുന്നു ജാഗ്രതയിലിരുന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നു സുഹൃത്തിയിൽ ആത്മാവെന്ന് ഞാനേ ഹിസതി ഞാതുഫസദ്ഭാവവും ഇല്ലേ ഞാനിവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് അറിയാണ് എന്നെ അറിയുന്നു ലോകത്തെ അറിയുന്നു ഈ അറിവുകൊണ്ട് ഞാൻ കരുതുകയാണ് ഞാനിവിടെയുണ്ട് ഞാനേ ഹിസതി ഞാതുഫസദ്ഭാവം ജാതാവിൻ്റെ സദ്ഭാവം അറിവിലൂടെ അറിയാൻ പറ്റും സുഷൃത്തിയിൽ അറിവില്ല അറിവില്ലെങ്കിൽ എങ്ങനെ ജ്ഞാതാവിന്റെ സദ്ഭാവത്തെ അറിയും അറിയാനുള്ള അറിവില്ലല്ലോ അവിടെ എല്ലാ ശ്രമവും അറിയാൻ വേണ്ടിയല്ലേ അറിയണമെങ്കിൽ എന്ത് വേണം അറിവിന്റെ ഉപായമായ അറിവ് വേണം അറിവ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയും ഞാൻ ഈ സതി ഞാത സദ്ഭാവകുമില്ല എന്നാ സതി ഞാനേ ഞാനും ഇല്ലെങ്കിൽ അതറിയാൻ കഴിയത്തില്ല പറയുന്നത് എന്താണ് സുഷുപ്തി സമ്പ്രസാദനായിരുന്നവിടെ ഞാനുമില്ല ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സുഷൃത്തി അറിയും അസുഷ്തിയാണ് ആത്മാവ് എന്തെങ്കിലും പറയാൻ കഴിയും എന്താ എന്നുവെച്ചാൽ സുഷുപ്ത ഞാനന്ദ്രശിതേ സുഷുപ്തനും ഞാനുമില്ല ജാഗ്രത്തിലിരിക്കുന്നവനെ ഞാനുണ്ടോ നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാനും ജാഗ്രത്തിലാണ് സുഷൃത്തിയിലതില്ല എന്ന സുഷുത്വ സിഞ്ജാനുപനിഷ്ഠയുവാദ നശിച്ചത് പോലെ ശൂന്യമായത് പോലെ അതുകൊണ്ടൊരാളോട് സുഷൃപ്തിയാണ് ആത്മാവെന്ന് നേരിട്ട് ഉപദേശിക്കാൻ പറ്റത്തില്ല ഗ്രഹിക്കാൻ കഴിയില്ല അത് മാത്രമല്ല അത് വിപരീതമായും ഗ്രഹിക്കും സുഹൃത്തിയാണ് ആത്മാവെങ്കിൽ ആത്മപ്രാപ്തിക്ക് വേണ്ടി ഇനി പോലെ ഉപായം ചെയ്യേണ്ട കാര്യം ഉറങ്ങിയാൽ മതി എന്ന് ധരിക്കും സുഹൃത്തി നശിച്ചു പോകുന്നതാണ് അനുഭവത്തെ എനിക്കൊന്നുമില്ല ജാഗ്രത മാറി സ്വപ്നത്തിൽ വരുന്നു സ്വപ്നം മാറി സുഹൃത്തി വരുന്നു സുഹൃത്തിയിൽ നിന്ന് വീണ്ടും ജാഗ്രതയിലേക്ക് പോകുന്നു എവിടെയെങ്കിലും സ്വാതന്ത്ര്യമില്ല ജീവനിങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതിനെങ്കിലും ഒന്നിനെ ആത്മാവായി ഗ്രഹിക്കുന്നതിന് എന്തിനു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സുഷുദ്ധി നഷ്ടപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് സുശുദ്ധി ആത്മാവല്ല അങ്ങനത്തെ വിനാശമയോ ആത്മനോ മന്യതീ അമൃത അഭയവചന സി പ്രാമാണിച്ച് പൂർണ്ണമായും നശിക്കുന്നു എന്ന് പറയുന്നുണ്ട് കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്നു അമൃതവും അഭി വചനവും വിമൃത്തർ വിശോകർ അങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് എങ്ങനെ നശിക്കുന്ന നശിക്കത്തില്ല അതുകൊണ്ട് സുശുദ്ധി ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അത് ബോധിക്കാൻ സാധ്യമല്ല വേറെ സ്ഥലത്ത് പറയും സുഷത്തിൽ ആത്മാ എന്ന് പറയും പക്ഷെ ഇവിടെ അതല്ല വേറെ ഇന്ത്യയിലെ അവതരിപ്പിക്കുകയാണ് എങ്ങനെയാണോ ജാഗ്രത സ്വപ്നവും ആത്മാവല്ലാതിരിക്കുന്ന അതുപോലെ സുഷ ആത്മാവല്ല എന്ന് പറയുന്നത് ശിഷ്യന്റെ നിലയാണ് ഗുരുവിന്റെ നിലയാണ് ശിഷ്യന്റെ നില എന്ന് പറയുന്നത് ശിഷ്യന്റെ ചിന്തയാണ് ഇപ്പോഴത്തുകയാണ് മുഖ്യ സിദ്ധാന്തമുണ്ട് ഗുരുവിൽ പറയുന്നത് ശിഷ്യനാണ് അതിന്റെ സുഷുത്തി ആത്മാവെന്ന് ഉപദേശിച്ചാലും ശരിയാകത്തില്ല അത് ശരിയില്ല എന്നുഖമന് നിധി ഹോവാച ഏതൊരു യുഗത്തെ ഭൂയോ അന്വ്യാഖ്യമി സഞ്ചവർഷാണുവാസ തന്നേകം സമ്പേദു ആഹുരേകം ഹവൈവാണി മഗവൻ പ്രജാപതോ ബ്രഹ്മചര്യം ഉമേ ഉച ജാഗ്രത ദൃഷ്ടാവെന്ന് പറഞ്ഞു സ്വപ്നത്തിലെ സ്വപ്നദർശി എന്ന് പറഞ്ഞു സുഹൃപ്തൻ എന്ന് പറഞ്ഞു യാതൊരു പ്രയോജനമില്ല മഹവന്റെ ദേഹു വാച പറയുന്നു എനിക്കൊന്നും ഇതുവരെ എന്തൊക്കെ പറഞ്ഞു അതിൽ കൂടുതലൊന്നും പറയാനില്ല പിന്നെ ഇതുവരെ എന്തൊക്കെയാണോ ഉപദേശിച്ചത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് പൂർവ്വദേവൈതോ യോയോ ഭീപര്യഹി ം ഏതം നോ ഏവ അന്യത്രമദാത്മനോ കഞ്ചന കിംധറി കിംധറി വ്യാഖ്യാസ്യാമി അത് നീ പറയുന്ന സ്ഥലത്തെല്ലാം ആദ്യം അക്ഷിപുരുഷനെന്ന് പറഞ്ഞു സ്വപ്ന പുരുഷനെന്ന് പറഞ്ഞു സുഷുപ്തനെന്ന് പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു പോലെ ഒരു കാര്യം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നില്ല ആത്മാവ് നിത്യസിദ്ധമാണ് അതിനെ മാറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് തന്നെ പറയുന്നു അതാണ് ഏതമേയും വ്യക്തമോഷത്താവശിഷ്ട പക്ഷെ എന്നിട്ടും പ്രയോജനം ഉണ്ടാവുന്നില്ല ഇന്ദ്രനെ കൊണ്ട് ധരിക്കുന്നില്ല സുഹൃത്തി വരെ കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പറയുന്നു ഒരു സ്വല്പ ദോഷാവശ്യം കുറച്ചൊരു ദോഷമുണ്ട് ജാഗ്രതയിൽ വളരെ ദോഷം സ്വപ്നത്തിൽ ദോഷം കുറഞ്ഞ് സുഹൃത്തിയിൽ വന്നപ്പോൾ ഒരു ചെറിയ ദോഷം പറയുന്നത് സമ്പ്രസാദനാണ് ആത്മാവാണെന്ന് ഉപദേശിച്ചിട്ടും മനസ്സിലാകുന്നു മനസ്സിലാക്കിയെടുത്തോളം അത് വ്യർത്ഥമെന്നും തോന്നുന്നു ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം അതുവരെ എത്തിയിട്ടും ശരിക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല പറയുന്ന ഒരു ചെറിയ ദോഷം സ്വല്പം ദോഷത്താവ് അത് അവശിഷ്ടവും തക്ഷപണായ അവസാപരാണി അന്യാനി പഞ്ചവർഷാണി അതും കളയണം അതുകൊണ്ട് ഇനി ഒരു അഞ്ചു വർഷം കൂടി ഇവിടെ കഴിയില്ല കറക്റ്റ് അപന്നു കിട്ടിയൊന്നാകും അപ്പൊ ഇതിന്റെ പുരോഗതി കാണിക്കുകയാണ് ഈ സ്ഥൂല ദേഹത്തെ ആശ്രയിച്ചിട്ട് ആത്മതത്വത്തെ ഗ്രഹിക്കുന്ന വലിയ പ്രയാസമാണ് അതിനപ്പുറമുള്ള സൂക്ഷ്മദേഹത്തെ ആശ്രയിച്ച് ഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ് അതിനും അപ്പുറമുള്ള സുഷുപ്തനെ ആശ്രയിച്ച് ആത്മതത്വത്തെ ഗ്രഹിക്കുന്നത് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈശ്വര സുഷുപ്തനെ തന്നെ പിടിക്കുന്നത് അവിടെ ഒരു ഗുണമുണ്ടാവും ഈ ജാഗ്രതത്തിലെ ഈ കാണുന്ന നാമരൂപങ്ങളെ ശബ്ദസ്പർശാദി വിഷയങ്ങളെല്ലാം നിഷേധിക്കാം സ്വപ്നത്തിൽ അത് സാധിക്കും സ്വപ്നത്തിൽ കാണുന്നതിനും നിഷേധിക്കാം ജാഗ്രതയിലത് സാധിക്കും സുഷൃത്തിയിൽ സാധിക്കും അതുകൊണ്ട് ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിൽ നിന്ന് ഈ ക്രമത്തിൽ പറയുന്നു ബാക്കി ദോഷങ്ങളെ കളഞ്ഞല്ലോ ജാഗ്രതയും സ്വപ്നത്തിനെയും ഇനി സുഷുഗ്രഹിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ഒരു ചെറിയ ദോഷം അതുകൂടി കളയും അതിനുവേണ്ടി ഒരു അഞ്ച് വർഷം കൂടി സേവനം കഥാ ചക്കാരും വീണ്ടും അത് ചെയ്തു നൂറ്റിയൊന്ന് വർഷം അപ്പം മനുഷ്യൻ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണ്ടിവരും ദേവേന്ദ്രന് നൂറ്റിയൊന്ന് വർഷമാണെങ്കിൽ മനുഷ്യന് എത്ര വർഷം വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ജന്മം ഇതൊക്കെ ചെയ്യുന്നു ഇനി എത്ര ജന്മം വേണ്ടിവരും ഇത് പറയുന്നത് ദേവനെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവ വർഷം അതാണ് മനുഷ്യവർഷമുണ്ട ദേവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അപേക്ഷിച്ച് കൂടുതൽ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി കഴിയുന്നവനാണ് കൂടുതൽ വർഷം വേണം തെളിഞ്ഞു വരാൻ മനുഷ്യനത്രയും വേണ്ട മനുഷ്യനും വർഷം കുറവാണ് കാരണം ദേവൻ്റെ മുമ്പിലുള്ളതുപോലെയുള്ള സുഖഭോഗങ്ങൾ മനുഷ്യജീവന്റെ മുമ്പിലില്ല അതുകൊണ്ട് ദേവന് പല ഗുണങ്ങളുമുണ്ട് അണിമാതഐശ്വര്യങ്ങളും പല യോഗ്യതകളുമുണ്ട് പക്ഷെ ആത്മവിദ്യയ്ക്ക് മുഖ്യാധികാരി ജീവനാണ് മനുഷ്യജീവനാണ് മറ്റുള്ള ആരെ വിശ അതുകൊണ്ടാണ് ഇവിടെ ദേവനോട് പറഞ്ഞു അക്ഷപുരുഷനാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവൻ ഗ്രഹിച്ചതങ്ങനെ മനുഷ്യൻ ഗ്രഹിച്ചില്ലല്ലോ മനുഷ്യന് വ്യക്തമാവും മനുഷ്യരുടെ സംശയമുണ്ടാവും സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞാൽ ദേവൻ ധരിച്ചവരല്ലോ മനുഷ്യൻ മനസ്സിലാക്കുന്നു ദേവനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട് നപന്നെതിനോദമായിട്ടെടുക്കുന്നത് കാരണം ഇത്രയും വലിയ യാഗങ്ങളൊക്കെ ചെയ്ത് ദേവേന്ദ്ര പദവിയിലിരിക്കുന്ന അത്രയും പൂജ്യരായ വ്യക്തികൾ പോലും ഇതിനന്വേഷിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവരും ഇത്രയും സമയം ചെലവലവാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആ മുഖ്യാധികാരി മനുഷ്യൻ മനുഷ്യന് ഇത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണ് മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നത് സഹൃത് വിഭാതി മനുഷ്യനൊറ്റ ശ്രവണത്തിൽ തന്നെ ഇത് ഗ്രഹിക്കാൻ മനുഷ്യനും ജന്മാന്തരങ്ങളോടെ സഞ്ചരിക്കേണ്ടി വരുന്നു അത് ദേവപദവിയിലെത്തുന്നതിനും പല ജന്മങ്ങൾ സഞ്ചരിക്കേണ്ടി വരും അവിടെ രണ്ടുപേരും തമ്മിൽ വ്യത്യാസം അതുകൊണ്ടാണ് ദേവജന്മത്തെ അപേക്ഷിച്ച് അതി ദുർലഭമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ദേവജന്മം വളരെ യത്നസാധ്യമാണ് അനായാസമല്ല പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ എന്നാലും ആത്മവിദ്യയുടെ ദിശയിൽ അത് ശ്രേഷ്ഠമുണ്ട് മനുഷ്യജന്മത്തിന് അത്രയും പുണ്യത്തിന്റെ ആവശ്യമില്ല പക്ഷേ മനുഷ്യജന്മമാണ് ഇതിന് ഏറ്റവും യോഗ്യമായത് മനുഷ്യബുദ്ധിയാണ് ഇതിനെ എളുപ്പം കളിക്കുന്നത് അതാണ് ദുർലഭം മനുഷ്യദേഹം എന്ന് പറഞ്ഞത് ദേവദേഹത്തെ എല്ലാം അപേക്ഷിച്ച് ദുർലഭമാണ് മനുഷ്യദേഹം ഇതിന് ആത്മവിദ്യക്കു വേണ്ടി സ്വർഗ്ഗാനുഭവത്തിന് വേണ്ടി ദേവദേഹം തന്നെ ശ്രേഷ്ഠം പക്ഷെ ഇഹലോകത്തിൽ ആത്മബോധത്തിന് വേണ്ടി മനുഷ്യദേഹമാണ് അതിനേക്കാൾ ശ്രേഷ്ഠം അതുകൊണ്ട് തന്നെ ദുർലഭം അതുകൊണ്ട് ദേവേന്ദ്രന് ഇത്രയും വർഷം പരിശ്രമിച്ചപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല മനുഷ്യനാണ് ഇതിന് കൂടുതൽ യോഗ്യനായിരിക്കുന്നത് പക്ഷെ ഇന്ദ്രനും അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ വിദ്യയുടെ മഹത്വം എന്താണ് ഇവിടെയും പറയുന്നു ഇന്ദ്രൻ ഇരുന്നൂറ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അങ്ങനെ ഇത്രയും വർഷം കൊണ്ട് എന്തൊക്കെയോ മനസ്സിലാക്കിയത് ആദ്യ കൂടുതലും നമ്മൾ രണ്ട് മൂന്ന് സസംഗം കൊണ്ട് മനസ്സിലാക്കി അപ്പോ ഇത് പ്രജാപതിയുടെ ഉപദേശിച്ചതൊക്കെ കേട്ടപ്പോ ആരെങ്കിലും ധരിച്ചോ ഒന്നിഴിലാണ് ആത്മാ ഒന്ന് ധരിച്ചില്ലല്ലോ ഇന്ദ്രനം ധരിച്ചതുപോലെ അപ്പൊ ഇന്ദ്രനെക്കാളും മെച്ചമല്ലേ ആദ്യം അങ്ങനെയൊക്കെ ധരിച്ചത് കൊണ്ടാണ് നെഴിലാണ് ആത്മാ ഒന്ന് ധരിച്ചു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ധരിക്കത്തില്ല അറിയാവുന്നതിന്റെ അല്ല ആത്മാവ് ശരീരമല്ല ആത്മാവ് ഇതെല്ലാം അറിയാം അപ്പോ ഇന്ദ്രനെക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് മനുഷ്യ ജീവൻ അതുകൊണ്ട് ഇന്ദ്രനോട് പറയുന്ന എന്താണ് ഇനിയൊരു അഞ്ചു വർഷം കൂടി കുറച്ച് ദോഷം കൂടി ഉണ്ട് അതുകൂടി പോട്ടെ തസ്മയും കഷായ കഷായ അതിദോഷായ സ്ഥാനത്രേയ ദോഷസംബന്ധരഹിത ആത്മനസ്വരൂപത്മത്വാതിലക്ഷണം ഭഗവതി തസ്മിഹോ വാച്ച അങ്ങനെ എന്താണ് ഈ ദോഷങ്ങളെല്ലാം ഇല്ലാതായ സ്ഥാനത്രേ ദോഷസംബന്ധരഹിതം ജാഗ്രതന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു സ്വപ്നമെന്ന് പറഞ്ഞ് സുഹൃത്തി എന്ന് പറഞ്ഞ് എന്നിട്ടും ബോധിച്ചില്ല ഇനി പറയുന്നതാണ് ഇതിലൊക്കെ ഉള്ളതിനെ തന്നെ പറയും ഇതിനപ്പുറമുള്ളതിനെ കുറിച്ചല്ല ഇനി പറയുന്നു ആദ്യം വേദനയാണോ പറഞ്ഞാൽ അതിനെ തന്നെയാണ് ജാഗ്രത ദുഷ്ടാവായി നിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വപ്നം പറയുന്നേ ഉള്ളു അല്ലാതെ സ്വപ്നം അത്യാവശ്യമായതുകൊണ്ട് പറയൂ ജാഗ്രതെന്തിനാണോ മനസ്സിലാക്കേണ്ട അതിൽ കൂടുതലൊന്നും സ്വപ്നത്തിൽ മനസ്സിലാക്കാനും ഇല്ല ഇനി അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും സുഹൃത്തിയിൽ മനസ്സിലാക്കാനുണ്ടോ ഇല്ല എന്നുവെച്ചാൽ ഈ അവസ്ഥകൾക്ക് പ്രാധാന്യം വരാൻ പാടില്ല കാരണം ജാഗ്രത സ്വപ്നം സുഹൃത്തി എല്ലാ അവസ്ഥകളാണ് അതിന് അവസ്ഥയെന്ന് തിരിച്ചു ഈ മൂന്നും തമ്മിൽ യാതൊരു വ്യത്യാസമുണ്ട് ഒന്നിൽ നിന്ന് ഒന്നിനെ ഉപദേശിച്ച് കിട്ടാത്ത മറ്റൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യം മനസ്സിൽ ജാഗ്രത എന്തിനാണ് ഉപദേശിച്ചത് അതിനെ തന്നെയാണ് സ്വപ്നത്തിനും സുഹൃത്തിനും ഉപദേശിക്കുന്നത് അപ്പുറമുള്ള വേറെ ഒന്നിനല്ല എന്നിനി പറയും താനേകശതം വർഷാണി സമ്പേതുഹു സമ്പന്നാനി ബഹു അങ്ങനെയെല്ലാം കൂടി നൂറ്റന്ന് വർഷം കൂടെ താമസിച്ചു വേദാഹുർലോകേ ശിഷ്ടാക ഏകശതം ഹവീ വർഷാണി ഏകശതം എന്ന് പറയുന്നത് നൂറ്റന്നുള്ള കണക്കിനല്ല അനേക വർഷങ്ങൾ ആ പ്രജാപതിയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മചര്യത്തെ ഇന്ദ്രനുഷ്ഠിച്ചു ഇന്ദ്രനെപ്പോലെ ഇത്രയും തപസൊക്കെ ചെയ്തു യാഗമൊക്കെ ചെയ്ത് ഇത്രയും വലിയ പുണ്യം സമ്പാദിച്ച് സ്വർഗത്തിലെത്തി ഇത്രയും മഹാനായ ഒരു വ്യക്തി ഇത് ചെയ്തെങ്കിൽ ഇതിനെ നേടുന്നതിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം തദ്ദേശ വിദ്യാദിനാദർശിതാ അപശ്രുത്യശ്രുത്യോ ഉച്ച ഇതൊരാ കഥാരൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി ശ്രുതി സ്വയം പറയുകയാണ് ഏവത് ഇന്ദ്രി ഗുരുതരം ഇന്ദ്രേനാവി മഹതായു ദേഗോത്രപ്രാപ്തം ആത്മജ്ഞാനമാവും നാഥപ്പരം പുരുഷാർത്ഥാന്തരം അസ്തി ആത്മജ്ഞാനി വലിയ ആൾക്കാരെ നേടിയതെന്ന് പറയുമ്പോൾ ചെറിയ ആൾക്കാർക്ക് അതി താല്പര്യമുണ്ടാവും ഇന്ദ്രനെ പോലെ ഒരാള് തന്നെ ഇത്രയും പരിശ്രമം ചെയ്ത് നേടിയ അപ്പോൾ ഇതിനും വലുതൊന്നും നേടാൻ മനുഷ്യനുമില്ല എന്ന് മനുഷ്യനെ ബോധിപ്പിക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് ഈ കഥ പറയുന്നത് എന്ന് ഈ ആത്മജ്ഞാനത്തെ സ്തുതിക്കുകയാണ് മഖവൻ മർത്യം ശരീരം അത്തം മൃത്യുനൃത്മനോരീരീരീരം വസന്ത പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലെന്താ വിശേഷിച്ചത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് മക്കോൻ മരത്തി മരണധർമ്മീത ശരീര ശരീരം നശിക്കുന്നതാണ് അക്ഷയാധാരാദിലോക്തോ വിനാശമേവോ അബീതോ ഭവതീതി ഞാൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു എന്താണെന്ന് ഈ കണ്ണിന് കണ്ണായിരിക്കുന്നവൻ എല്ലാം സ്വപ്നം കാണുന്നവൻ സമ്പ്രസാദനായിരിക്കുന്നവൻ അപ്പറഞ്ഞതിനെല്ലാം നീ ദോഷം കണ്ടു ഇതാകാൻ വഴിയില്ല സ്വപ്നം കാണുന്നവനാകാൻ വഴിയില്ല എല്ലാം മറന്നിരിക്കുന്ന സുഷുപ്തനാകാൻ വഴിയില്ല കാരണം യതീതം ശരീരം വയ്യ പശ്യസി തതേതന് മർത്യം വിനാശി ഈ ശരീരം ഇത് നശിക്കുന്നതാണ് തച്ചാത്തമ്പ്രസ്തം സത ഇത് മൃത്യു ഇതിനെ പ്രാപിക്കുന്നു കഥാചി ദൈവം പ്രിയതയിരി മർത്യം ഇത്യുക്തി എന്ന തഥ സന്ത്രാസവഭോതി കഥ ഗ്രസ്തമേവ സദാ വ്യാപ്തമേവ മൃത്യനുക്തയിൽ വൈരാഗ്യാർത്ഥം വിശേഷിപ്പിച്ചിരി അത്തമ്പിടത്തിന വല്ലപ്പോഴും മരിക്കുക എന്നുള്ളതിൽ ഇത് സദാ മരിക്കുന്നതാണ് പ്രദക്ഷിണം മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനോടുള്ള ആ പ്രതിപത്തിപ്പെടാൻ വേണ്ടി പറയുകയാണ് വൈരാഗ്യാർത്ഥം പറയുക ശരീരത്തിലേക്ക് ആത്മബോധം വന്നു ആത്മബോധം വന്നിട്ട് അതിനെ തുടർന്ന് മനസ്സിൽ കാമക്രോധാദികൾ വരുന്ന ശരീര സംബന്ധിയായി അതാണ് ദോഷം ഈ ദോഷമാണ് ആത്മബോധത്തിന് തടസ്സമായി നീങ്ങുന്നത് അതുകൊണ്ട് ശരീരത്തിനോടുള്ള ആ കാമത്തെ ഇല്ലാതാക്കണം ആ ബോധത്തിലുള്ള തടസ്സത്തെ ഇല്ലാതാക്കണം അതിനുവേണ്ടി പറയുന്നു ഇത് പൂർണ്ണമായും മൃത്യുവിന് അധീനമാണ് വല്ലപ്പോഴും വല്ല സദ ഏത് കാലത്തിലും ഇത് മൃത്യുവിന് വശംവതമാണ് കഥ നമദേഹാഭിമാനത്തോ വിരക്ത നിവർത്തത രീതി അതുകൊണ്ട് ഈ ദേഹാഭിമാനത്തെ വിട്ട് ഈ കാമത്വങ്ങളിൽ അതാണ് പറയുന്നതിന്റെ താല്പര്യം ശരീരം ഇത്യത്ര സഹ ഇന്ദ്രിയ മനോധരിച്ചി തീരം ഗമ്യമാനസ അമൃതാതിഥേഹർമ്മ വർജിത ശരീരം എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രിയം മനസ്സെല്ലാത്തിനും ചേർത്തെടുക്കണം ഈ ശരീരം സമ്പ്രസാദന്റെ ശരീരം മൂന്ന് സ്ഥാനങ്ങളിലേക്കും പോകുന്ന സമ്പ്രസാദൻ ഇപ്പം അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ജാഗ്രത്തിൽ വരുന്നു സ്വപ്നത്തിൽ പോകുന്നു സുഷുപ്തിയിൽ പോകുന്നു പക്ഷെ ഇത് അമൃത സ്വഭാവനാണ് ശരീരത്തിന് വിപരീത സ്വഭാവമുള്ളതാണ് മരണവും മറ്റും ദേഹേന്ദ്രിയ മനോധർമ്മങ്ങളാണ് ഇതങ്ങനെയല്ല അമൃതസ്ഥേത്യതേ നൈവ അശരീരത്തിൽ സിദ്ധേ പുനരശീരീര സ്ഥിതി വചനം വൈവാദി വസ് സാവം മൂർത്തിമത്യ മാംഭവത്വം ഇത് അമൃതനാണ് അശരീരനാണെന്ന് പറയുമ്പോൾ എന്താണ് വയുവാദികളെ പോലെ ഇനി അടുത്ത് പറയും അതുപോലെ ഇതിന് മൂർത്തിമത്വമൊന്നുമില്ല രൂപമില്ല കാണത്തക്ക രൂപമില്ല പ്രകടമായ ഭാവങ്ങളൊന്നുമില്ല അതെല്ലാം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം ആത്മാവിന്റെ ഭോഗാധിഷ്ഠാനമാണ് സുഖ ദുഃഖാനുഭവത്തിലുള്ള ആശ്രയമാണ് മകവൻ മർത്യം വൈദ ശരീരം ആത്ം മൃത്യന തദസ്യ അമൃതോ അധിഷ്ഠാനം ആത്മാവിന്റെ അധിഷ്ഠാനം ഇത് സുഖദുഃഖാനുഭവത്തിനുള്ള ഉപാധിയാണ് ആത്മനോവാസ തേജോപന്നാതിക്രമേണ ഉത്പന്നം ആത്മാവ്താവായിരിക്കുന്ന ആത്മാവിന് തേജോ ഉണ്ടായതാണ് ഈ ശരീരം അതിൽ ജീവരൂപേണ പ്രവേശിച്ച അതിൽ ജീവരൂപത്തിൽ പ്രവേശിച്ച് സദേവ അതിഷ്ഠതിയ സത്തിന് ആ സത്ത് തന്നെ ഇരിക്കുന്നു ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ അധിഷ്ഠാനം എന്ന് പറയുന്നു യശീതം ഈദൃശം നിത്യമേം വൃത്തിഗ്രസ്തം ധർമാധർമ്മ ജനിതത്വ പ്രിയപ്രിയ അധിഷ്ഠാനം തദ് അധിഷ്ഠിത തദ്വാൻസ ശരീരോഭോതി ഇത് നിത്യവും വൃത്തിഗ്രസ്തമായിരിക്കുന്ന ശരീരം ഇത് ധർമാധർമ്മ നിമിത്തമാണ് പ്രിയപ്രിയങ്ങളോട് കൂടിയതാണ് ഇതിലിരുന്നു കൊണ്ടാണ് ആ സത്ത് സശരീര ശരീരമുള്ളവനായിത്തീരുന്നത് ആ ശരീര സ്വഭാവ സാത്മനത്തദേവാഹം ശരീരം ശരീരം അഹംക വാസ്തവത്തിൽ ആത്മാവിന് ശരീരമിൻ്റെ ഇല്ലെങ്കിലും ഈ ശരീരമാണ് ഞാൻ ഞാൻ തന്നെയാണ് ശരീരം ഇങ്ങനെ അവിവേകം കൊണ്ട് ധരിക്കുന്നു അതയവ സശരീര സത്മഗ്രസ പ്രിയ പ്രിയാഭ്യാം അതാണ് സ ശരീരത്വം എന്താണ് സശരീരത്വം എന്ന് പറയുന്നത് ശരീരമാണ് ഞാൻ ഞാൻ തന്നെ ശരീരം എന്ന് ധരിക്കുന്നതാണ് സശരീരത്വം തതേവഹം ശരീരം ശരീരമേവ ചെ ഇത് എന്ന് വെച്ചാൽ സർവാനുഭവസിദ്ധമായ കാര്യമാണ് സസ്യൈ സ ശരീര സതഹ പ്രിയ പ്രിയോർ ബാഹ്യവിഷയ സംയോഗവിയോഗ നിമിത്തയൂർ ബാഹ്യവിശേഷമ്യോ വിയോഗവും അമേരി മന്യമാനസ്യ അപഹദർ വിനാശ ഉച്ഛേദ സന്തൂപയോർ നാസ്തി ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോ ഇവന് ശരീരമാകുന്ന അധിഷ്ഠാനത്തെ സ്വീകരിച്ചിരിക്കുന്ന ഈ ജീവന് ഒരിക്കലും പ്രിയപ്രിയങ്ങളുടെ നാശമില്ല അവൻ സദാ ഇവിടെ ഇരുന്ന് ഈ പ്രിയപ്രിയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്രിയോർ ബാഹ്യവിശേഷമയോ നിമിത്ത ബാഹ്യവിശേഷമ്യോ ഉപയോഗവും മമ്മീതി മന്യമാനസികതാണ് ഞാനിതായി വിഷയങ്ങൾ ഗ്രഹിക്കുന്നു ഞാൻ ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നു ഞാൻ ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം കരുതുന്നവൻ ഇതൊന്നും പരമാർത്ഥമല്ലെങ്കിലും അങ്ങനെ ധരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ഈ പ്രിയാപ്രിയങ്ങളിൽ നിന്നും മുക്തിയില്ല ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നവന് മുക്തിയില്ല അവനെ സംബന്ധിച്ച് ഇഷ്ടാനിഷ്ടങ്ങളുടെ നാശം ഉണ്ടാകുന്നില്ല എന്തായത് പറയുന്നത് ഈ ആത്മാഅപഹത്ത പാത്മ എന്ന് ബോധിപ്പിച്ചു മഖവൻ അതിനെ ബോധിച്ചു ബോധിച്ചിട്ടും എന്താണ് പ്രിയപ്രിയങ്ങളെന്നൊന്നും മോചിക്കുന്നില്ല എന്തുകൊണ്ടത് ശരിയായി ബോധിച്ചിട്ടില്ല അപഹത്ത പാത്മായും തന്നെ ബോധിച്ചില്ല അതിനെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുക എന്തുകൊണ്ടത് ബോധിക്കുന്നില്ല ഈ ശരീരത്തിൽ അഭിമാനം ഉള്ളതുകൊണ്ട് ഈ ശരീരത്തിൽ അഭിമാനം ഉള്ളിടത്തോളം കാലം ഈ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും വിഷയങ്ങൾ അഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും മോചനമില്ല ഉച്ഛേദ അത് സംഭവിക്കുന്നില്ല തമ്പുനർ ദേഹാഭിമാന അശരീരസ്വരൂപ വിജ്ഞാനേന നിവർത്തിത വിജ്ഞാനം അശരീരസന്ധം പ്രിയപ്രിയെ അസ്പൃശ്യത പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഒരു എപ്പോഴാണ് അവൻ ഈ ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തനാകുന്നത് എങ്ങനെ അശരീരസ്വരൂപ വിജ്ഞാനിന് തന്റെ സ്വരൂപം അശരീരമാണ് ഇത് ശരീരബന്ധിയല്ല നിവർത്തിത അവിവേകജ്ഞാനം അങ്ങനെ അവിവേകജ്ഞാനം ഒരുവിനിൽ നിന്നില്ലാതായ അശരീര സ്ഥന്ധം പിന്നെ അവനെ വിളിക്കുക അശരീരി അശരീരിയെ പ്രിയാപ്രിയ എന്ന സ്പർശദ അപ്പൊ ഈ ആത്മാവിനെ ഇവിടെ ജാഗ്രത ദുഷ്ടാവായി ബോധിപ്പിച്ചാലും സ്വപ്നത്തിൽ സ്വപ്നദൃശ്യായി ബോധിപ്പിച്ചാലും സുഷുത്തിയിൽ സമ്പ്രസാദനായി ബോധിപ്പിച്ചാലും ശരി എങ്ങനെയങ്ങനെ ബോധിപ്പിച്ചാലും ജാഗ്രതത്തിൽ തന്നെ ഈ ദേഹാഭിമാനത്തെ പിടിഞ്ഞ് ശരീരത്തിലുള്ള അഹംബുദ്ധിയെ പിടിഞ്ഞ് അതാണ് വിവേകം ആ വിവേകത്തിൽ നിന്ന് മുക്തനായവന് മാത്രമേ പ്രക്രിയ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നുള്ള മുക്തിയുള്ളൂ അതാണ് മുക്തി എന്നാണ് സ്പൃശി പ്രത്യേക സമ്പദ് തേതി പ്രിയെന്ന സ്പൃശ്യതി അപ്രിയെന്ന സ്പൃശ്യതി വാക്യത് അവന് ഇഷ്ടമില്ല അനിഷ്ടമില്ല ഇഷ്ടവും അനിഷ്ടവുമായിട്ട് അവന് ബന്ധമില്ല ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് അവൻ ഉപരിയായിരിക്കുന്നു മുക്തനായിരിക്കുന്നു നമ്മളെ ശാർമികൾ സ്മൃതിവാക്യമാണ് ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ എടുത്താണ് ആ വാക്യത്തിന്റെ പ്രാമാണികതയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നാലും ആ വാക്യത്തെ ഭാഷകാരൻ പ്രാമാണികമായി സ്വീകരിച്ചുകൊണ്ടാണ് ആ വാക്യത്തെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അത് സ്മൃതികളിൽ പറഞ്ഞു വന്ന ഒരു നിയമമാണ് എന്താണ് മ്ലേച്ഛനുമായി സംഭാഷണം ചെയ്യരുത് മ്ളേച്ഛൻ വേറെയാണ് അശുചിയുമായി സംഭാഷണം നടത്തരുത് അത് വേറെ അധാർമികനുമായി വർത്തമാനം പറയരുത് എന്നാ സംസാരിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ സംസ്കൃത ഭാഷ സംസാരിക്കുന്നവരെല്ലാം മ്ലേച്ചന്മാരാണ് അശ്വചി നമുക്കറിയാം അധാർമികനും അറിയാം പ്രത്യേകം പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു അത് പ്രത്യേകം അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു ഒരുത്തൻ മ്ലേച്ഛനാണ് പക്ഷെ അശുചിയുമല്ല അധാർമികനുമല്ല എന്നാലും സംസാരിക്കാൻ പാടില്ല ഒരുത്തൻ അശുചിയാണ് മ്ലേച്ഛനുമല്ല അധാർമികനുമല്ല എന്നാലും സംസാരിക്കാൻ പാടില്ല ഒരുത്തൻ അധാർമികനാണ് പക്ഷേ മ്ലേച്ഛനുമല്ല അശുചിയുമില്ല എന്നാലും സംസാരിക്കാൻ പാടില്ല ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവനുമായി സംസാരിക്കാൻ പാടില്ല എന്നാണ് പഴയത് സ്മൃതിയുള്ള ഒരു നിയമമാണ് അതിന് വിശദീകരിക്കാൻ വേണ്ടിയല്ല പറയുന്നത് ഭാഷയുടെ പ്രിയ അപ്രിയവും സ്പർശിക്കുന്നില്ല പ്രിയവും സ്പർശിക്കുന്നില്ല അപ്രിയ പ്രത്യം പ്രത്യം പ്രിയത്തിൽ നിന്നും ഇഷ്ടത്തിൽ നിന്നും അനിഷ്ടത്തിൽ നിന്നും സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തനായിരിക്കുന്നെന്ന് പറയുന്നത് പോലെ ധർമാധർമ്മ കാര്യഹിത്യ അശരീരതും ബാക്കിയുള്ള എല്ലാം എന്താണ് സുഖദുഃഖങ്ങളും പ്രിയാപ്രിയങ്ങളും എല്ലാം പുണ്യഭാവങ്ങളുടെ കാര്യമാണ് അശരീരതാ സ്വരൂപം അശരീരത സ്വരൂപമാണ് ഇത് തത്ര ധർമാധർമ്മിയോ അസംഭവ കാര്യഭാവവും ദൂരദേവീറ്റ അതുപോലെ പ്രിയാപ്രിയ സ്പൃശിത അതുകൊണ്ട് ധർമാധർമ്മങ്ങളെ അവിടെയില്ല പുണ്യപാപങ്ങളില്ല അതുകൊണ്ട് അതിന്റെ ഫലമായ ഇഷ്ടാനിഷ്ടങ്ങൾ സുദുഃഖങ്ങൾ ഇതൊന്നും തന്നെ അവിടെയില്ല അതുകൊണ്ടവനെ പ്രിയാപ്രിയങ്ങൾ ബാധിക്കുന്നില്ല അവൻ പ്രിയാപ്രിയങ്ങൾക്കുപരിയായിരിക്കുന്നു അതാണ് ആത്മബോധത്തിന്റെ ലക്ഷണം പ്രിയാപ്രിയങ്ങളിൽ നിന്ന് സ്വയം മുക്തനാകുന്നു സർവജീവന്മാരും പ്രിയാപ്രിയങ്ങൾക്ക് അധീനമായിരിക്കുമ്പോൾ ഒരുവൻ അതിൽ നിന്നും മുക്തനാകുന്നു പ്രിയാപ്രിയങ്ങൾക്ക് ഉപരിയാണ് അവന്റെ സ്ഥാനം അതാണ് അതിന്റെ അടയാളമായി പറയുന്നു എന്താണ് ബോധത്തിന്റെ അടയാളം നിന്ന് മുക്തനായിരിക്കും ബാഹ്യമായ ചേഷ്ടകളെല്ലാം കൂടെ പറയുന്നു രണ്ടും രണ്ടാണ് ഒരാൾ പ്രിയമുള്ളതുപോലെ ചേഷ്ടിക്കുന്നു അപ്രിയം പോലെ ചേഷ്ഠിക്കുന്നു പശുവാദിവിശ്വാശേഷ അത് ബാഹ്യ നിലയെ കുറിച്ച് പറയും ആന്തരികമായി അവൻ ഇതിനെല്ലാം ഉപരിയായിരിക്കുന്നു ദന്ദ്വാതീരത്തനായിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് മറ്റൊരാളെ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വയം തന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഉപദേശം മുഴുവൻ കണ്ടു മനസ്സിലാക്കാൻ ഒക്കത്തല്ല കാണുമ്പോൾ പശുവാതിഥി പശുവാദികളെ പോലെ തന്നെ ആന്തരികമായി അവൻ മുക്തനായിരിക്കുന്നു ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഹൃത്തിയെന്നോ ഒക്കെ ഉപദേശിക്കുന്നതിലൊന്നും വിശേഷിച്ച് കാര്യങ്ങളൊന്നും മറിച്ച് ഈ ബോധത്തിലാണ് കാര്യം ബോധം ഉണ്ടാവണം നന്വേദി പ്രിയമൊക്കെ അശരീരനെ സ്പൃശ്യതീതി മക്വദൌക്തം സുഴുപ്തസ്ഥ വിനാശമേവ അപീതോഭവതി താപന്നം നിശദോഷ പറയുന്നു പ്രിയമാണെങ്കിലും ശരീരത്തെ അവൻ സ്പർശിക്കുന്നില്ല ശരീരത്തോടും അവന് പ്രിയമില്ല അപ്രിയവുമില്ല ഈ ജാഗ്രത്തിൽ ഈ അനുഭവത്തിനപ്പുറം ആണെന്നാണല്ലോ അതിൽ നിന്ന് വരുന്നത് പ്രിയാപ്രിയങ്ങളില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് സുഷുപ്തി പോലെയായില്ലേ മഖവദോക്ത സുഷുപ്തസ്ത്വ വിനാശമേവ അപീതോഭവതി ഈ സുഷുപ്തിയിൽ ഇതൊന്നുമില്ലല്ലോ ചുരുക്കത്തിൽ അത് സുഷുപ്തി അല്ലേ ജാഗ്രത്തിൽ എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ പ്രിയാപ്രിയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പറയുന്നു അതൊന്നുമില്ല ഒന്നുമില്ലാത്ത സുഷുപ്തിയാണ് അവിടെ എന്താണ് സർവ്വവും നശിച്ചിരിക്കുന്ന അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥ അതാണോ തത്വേഹാ പ്യാപനാഥ് അല്ലെങ്കിൽ അതുപോലെ ഒരു അവസ്ഥയാണോ അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് സുഷുപ്ത പുരുഷനാണ് താനൊന്നറിയണമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കും അപ്പോൾ എന്താണ് ഈ ആത്മ ഞാനൊന്നു പറഞ്ഞാൽ ഉറക്കം പോലെയാണോ ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥയാണോ കാരണം സമ്പ്രസാദനതാണ് ആത്മാവിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞു ആ സ്വരൂപജ്ഞാനമാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നശിച്ചിരിക്കുന്ന അവസ്ഥ അതാണോ ആത്മബോധത്തിൽ വരുന്ന അവസ്ഥ അതുപോലൊരു സംശയമാണ് ഇവിടെ അല്ലെങ്കിൽ പിന്നെ ജാഗ്രത ആണെങ്കിലും ഇതുപോലെ ഇരിക്കത്തുള്ളൂ സ്വപ്നമാണെങ്കിലും നമുക്കറിയാം ഈ രണ്ടവസ്ഥയിലും പ്രിയാപ്രിയങ്ങളുണ്ട് സുഴുത്തിയിലാണതൊന്നും ഇല്ലാത്തത് അപ്പോൾ ഉറക്കം പോലെ ഒരവസ്ഥയാണോ ഇത് അല്ലെങ്കിൽ ഉറക്കം തന്നെയാണോ ഇനി ആത്മബോധമെന്ന് പറയുമ്പോൾ സമ്പ്രസാദനാണോ ഇനി അങ്ങനെ സംശയം കാരണം പ്രിയാപ്രിയങ്ങളില്ലാതിരിക്കണമല്ലോ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാതിരിക്കണമല്ലോ വേറെ എവിടെയാ സംഭവിക്കുന്നുണ്ടെങ്കിൽ സമാധിയായിരിക്കും ഇവിടെ ആവട്ടെ അതിനെക്കുറിച്ച് പറയുന്നതുമില്ല ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നുള്ളു ജാഗ്രത സ്വപ്നം സുശുദ്ധി അല്ല ഏറ്റവും പരമമായി പറയുന്നത് സുശുദ്ധി അവിടെ സമ്പ്രസാദനായി പറയുന്നു ജീവത്വം വിഹായ പരമാത്മാവിനോട് ഏകീഭവിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോ ആ സുഷുദ്ധി പരമാത്മാവിനോട് ഏകീഭവിച്ചിരിക്കുന്ന ആണെങ്കിൽ ജാഗ്രതനും പറയുന്നു എന്താ വേണ്ടത് ജീവാത്മ പരമാത്മ ബോധം അങ്ങനെ ആ ജീവാത്മ പരമാത്മഏകത്വം വരുന്നു അജ്ഞാനം നശിച്ചു എന്നൊക്കെ പറയുന്നു ആ അവസ്ഥയിൽ പിന്നെ സുസ്ഥിതി പോലെ ആയിരുന്നു അതല്ലേ പരമാർത്ഥാവസ്ഥ സുർത്തിസമമായാലെന്താണോ ദോഷമെന്താ ജാഗ്രത ഇല്ലെന്ന് വരും ജാഗ്രത ഇല്ലെന്ന് വന്നാലോ പിന്നെ വ്യവഹാരം ഇല്ലെന്ന് വരുംബൂല് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു വ്യത്യാസം പറഞ്ഞല്ലോ ജാഗ്രത ഒന്നോ സ്വപ്നമൊന്നോ സുഹൃത്തിയെന്നോ പറഞ്ഞിട്ടിവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ പറയുന്നു ജാഗ്രത ദഷ്ടാവായിരിക്കുന്നവനെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ ജാഗ്രതയുള്ള ദേഹാഭിമാനം ഇല്ലാത്ത മറ്റൊരവസ്ഥ കാണിച്ചു തരുന്നു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതു അനുഭവം ഇല്ലാത്ത സുഹൃത്തേ കാണിച്ചു അതാണ് എന്ന് ഇതിൽ ഒന്നിനേക്കാളും മറ്റൊന്നിന് എന്തെങ്കിലും വിശേഷത്തോടുകൊണ്ട് പറയുന്നത് പക്ഷെ അത് അവിടെ കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതാണ് സമ്പൂർണ്ണ നാശം ഇതൊന്നും അവിടെ അങ്ങനെയാണെങ്കിൽ ഈ സ്വരൂപസ്ഥിതി എന്നൊക്കെ പറയുന്ന അതുപോലെ സമ്പൂർണ്ണ നാശമുള്ള ഒരവസ്ഥ അതാണ് ആൾക്കാർക്ക് സമാധിയെ സംബന്ധിച്ചുള്ള ഭ്രമം സമ്പൂർണ്ണ നാശം അങ്ങനെ ഒരവസ്ഥ വേണം ഇതൊന്നും ഇല്ലാതിരിക്കുന്നു ഇവിടെ പ്രിയാപ്രിയങ്ങളുണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഇഷ്ടം ഇഷ്ടമാണ് പക്ഷെ അനിഷ്ടം ഇഷ്ടമല്ല ഇതൊന്നും മോചിപ്പിക്കാൻ എന്താണോ ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ സമാധി അതിൻ്റെ ഇരിക്കാം ഒന്നും അറിയത്തില്ലല്ലോ ഇവിടെ അതല്ല പറയുന്നത് ഇവിടെ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം സ്വപ്നത്തിനും സുഹൃപ്തിയിലും ഇല്ലാത്ത വ്യത്യാസം ഇവിടെ ജാഗ്രത്തിൽ ബോധമുണ്ട് സുഹൃപ്തിൽ അത് കിട്ടത്തില്ല സുഹൃത്തിയിൽ ജീവാത പരമാത്മേകത്വമുണ്ട് പക്ഷേ സുഹൃത്തിയിൽ ജീവാമ പരമാത്മേകത്വം ബോധമില്ല അതാണ് സുഹൃപ്തിയും ആത്മജ്ഞാനത്തെയും വേർതിരിക്കുന്നു സുഹൃത്തിയില്ല ആ സമ്പ്രസാദൻ തന്നെയാണ് സ്വപ്നത്തിലിരിക്കുന്നത് അവൻ തന്നെയാണ് ജാഗ്രതയിലിരിക്കുന്നതാണ് ഇതാണ് പ്രജാവിധ പറയുന്നത് ഈ മൂന്നവസ്ഥയിലും ഞാൻ ഒരുവിനെ തന്നെ ഉപദേശിക്കുന്നു മാറി മാറി പറയുന്നില്ല പക്ഷെ ജാഗ്രതയിൽ ഈ ബോധം പറഞ്ഞു ആ സുഹൃത്തിയിൽ ഉണ്ടാവത്തില്ല ഉണ്ടായാൽ സുഹൃത്തിയല്ല സ്വപ്നത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകില്ലേ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ കാരണം ഇപ്പോൾ സ്വപ്നമല്ല ഇപ്പോൾ ജാഗ്രത പ്രശ്നങ്ങളെല്ലാം ഇവിടെ ജാഗ്രതത്തിലാണ് ഇല്ലാത്ത സുഷൃത്തിയിലോ ഇല്ലാത്ത സ്വപ്നത്തിലോ അല്ല അപ്പോൾ ജാഗ്രതത്തിൽ ഈ ബോധം ഉണ്ടാവണം അപ്പോൾ ആ ബോധമാണ് സുഷൃത്തിയിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നത് അങ്ങനെ ആത്മജ്ഞാനം അതുകൊണ്ട് സമ്പ്രസാദനാണ് താൻ അതാണ് സ്വരൂപം എന്ന് പറഞ്ഞ് എന്നുള്ള ഉപദേശത്തിൽ നിന്നുള്ള അറിവിൽ അവൻ ഉറക്കം വരത്തില്ല ില്ല മറിച്ചവൻ അറിവിൽ തന്നെയിരിക്കുന്നു അതാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താല്പര്യം നീഷദോഷ ധർമാധർമ്മകാരിയോ ശരീരസംബന്ധനോഹോ പ്രിയാപ്രിയഹോ പുരക്ഷേതോ അതിന്റെ താല്പര്യം അതാണ് ജാഗ്രത ഒരുവന് ധർമാധർമ്മകാര്യമായ ശരീര അതിനിവിടെ നിഷേധിക്കുന്നു അത് ഇവിടെ നിഷേധിക്കാൻ പറ്റും സുഹൃത്തി സാധ്യമല്ല സുഹൃത്തിയില്ല അവിടെ ശ്രോതാവുന്നില്ല വക്താവുന്നില്ല ജാഗ്രതയിലേ ഉള്ളൂ അപ്പൊ ജാഗ്രതത്തിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇതിന് നിഷേധിക്കുന്ന ആ ബോധം അതാണിതിന്റെ വിശേഷ അശരീരം പ്രിയ പ്രിയ സ്പൃശത എന്ന് ഇവിടെ ബോധിപ്പിക്കുകയാണ് പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്ത അശരീര സ്വരൂപമാണ് നീ എന്ന് ബോധിപ്പിക്കുന്നു ഈ ബോധ സുഷൃക്തിയിലുണ്ടാവും അവിടെ സമ്പ്രസാധനായിരുന്നിട്ട് വല്ല വിശേഷമുണ്ടോ വീണ്ടും തിരിച്ചു വന്നില്ല ഇവിടേക്ക് വീണ്ടും സംസാരത്തിൽ വന്നില്ലേ വീണ്ടും പ്രിയാപ്രിയങ്ങൾ സ്പർശിച്ചില്ല ജാഗ്രതയില് വന്നാലേ രക്ഷയുള്ളൂ സ്വപ്നത്തിലും സുഷൃത്തിയിലുമെല്ലാം ഓരോന്നിനും അതാതിന്റേതായ സവിശേഷതകളുണ്ട് പക്ഷേ ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജാഗ്രത ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ് അല്ല ഉറങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി മറ്റൊരവസ്ഥാന്തരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിട്ടോ ഒന്നും അല്ല ഈ ജാഗ്രത ഉപദേശിക്കുന്നത് സുഷുപ്തി മൂർച്ഛ സമാധിഭാഷകർ പറയുന്നു ഈ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുണ്ട് ജാഗ്രത്തിൽ തന്നെ എന്താണ് അശരീര എന്ന പ്രിയപ്രിയ സ്പർശത അശരീരിയായ നിയാണ് നിന്നെ പ്രിയപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് എന്താണ് സ്വരൂപമാണ് അതാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുകയാണെന്ന് ഞാനടുത്ത് വിശദീകരിക്കുന്നു എങ്ങനെയാണോ അഗ്നിക്ക് അതിന്റെ ഉഷ്ണസ്വരൂപമായിരിക്കുന്നു ജലത്തിന് അതിന്റെ ശീതസ്വരൂപമായിരിക്കുന്നു അതുപോലെ ഈ പ്രിയപ്രിയനസ്സ്പൃശ്യത എന്ന് പറയുന്നത് നിന്റെ സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുന്നു ഈ ബോധം ജാഗ്രതയിൽ ഉണ്ടാവണം അതിന് സുഹൃത്തയെക്കുറിച്ചുള്ള ബോധം സഹായിക്കുമെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ സ്വപ്നത്തെക്കുറിച്ചുള്ള ബോധം സഹായിക്കുമെങ്കിലേ അത് ജാഗ്രതയിൽ നിന്ന് തന്നെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു രണ്ടും ഉപദേശിക്കേണ്ട കാര്യമുണ്ട് അതാദ്യം ഉപദേശിച്ചത് ജാഗ്രദ കാരണം ജാഗ്രതല്ലേ ചിന്തിക്കുന്നു അപ്പോൾ ഇത് ജാഗ്രതയിലേ ഗ്രഹിക്കേണ്ടത് ഇവിടെ നിന്ന് എവിടെയൊക്കെ പോയാലും ശരി തിരിച്ച് ഇവിടെ തന്നെ വരണം സ്വപ്നത്തിൽ പോയാലും ശരി സുരക്ഷിതി പോയാലും ശരി തിരിച്ച് ഇവിടെ തന്നെ വരണം ഒരു സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ജാഗ്രതനാണ് സ്വപ്നത്തിന് സുഷ്ടിക്കുവാനല്ല പക്ഷേ ഈ ജാഗ്രത്തില് ദൃഷ്ടാവിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് ഒരു ദൃഷ്ടാന്തം പോലെ സ്വീകരിക്കുന്നതേയുള്ളൂ സു സ്വപ്നത്തിന് പരമാർത്ഥമാണെങ്കിലോ ഈ അവസ്ഥകളെല്ലാം ഏകമായി ഒരുപോലെയിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും പ്രജാപതി പറയുന്നതിലൂടെ ഞാൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല ആദ്യം പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത് ഈ ജാഗ്രത്തിലെ ദൃഷ്ടാവാണ് അതങ്ങനെ പറഞ്ഞിട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പിന്നെ സ്വപ്നത്തിൽ പോയി പിന്നെ സുഷത്തിൽ പോയി വീണ്ടും തിരിച്ച് മടങ്ങി വരുന്നു ഈ പോക്കുവിരകളിൽ അതിന് വേണ്ടിയിട്ടാണ്